ശുപത്രികളും വൈദ്യന്മാരും ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും അതിൻ്റെ വൈദ്യന്മാരും ആശുപത്രികളും ഒന്നുമില്ലാത്ത കാലത്ത് ഈ നാട്ടിലെ ജനങ്ങൾ എന്തു ആശ്വസിച്ചത് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ആശ്വാസം ഇന്നുണ്ടെങ്കിൽ നിരുപാധികം നമസ്കരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ പിൻവലിക്കുന്നു ഡബ്ല്യു എച്ച്ഒയുടെ കണക്കുകൾ എന്ന മുതൽ ഡബ്ല് അതിനു മുമ്പ് കണക്കെടുക്കാത്ത കാലങ്ങളിലെ കണക്ക് ഡബ്ല്യു എച്ച്ഒ എടുത്തത്യു എച്ച്ഒ പ്രചരിപ്പിക്കുന്നത് അന്ധവിശ്വാസമാണോന്നല്ലേ കരുതേണ്ടത് എന്ന ഈ സ്ഥാപനം ഉണ്ടായിട്ട് ഇത്രയും കാലല്ലേ ആയുള്ളൂ മനസ്സിലായില്ല ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഓർഗനൈസേഷൻ യു എന്ന ഉണ്ടായി കഴിഞ്ഞ ഉണ്ടായത് മനസ്സിലായില്ല യു എന്നത് നാൽപ്പത്തി അഞ്ചിലാണ് അപ്പോൾ അബ്ലിവെച്ച ഉണ്ടായിട്ട് എത്ര കൊല്ലമായി അതിന്റെ ചാക്കൾ പ്രസിദ്ധീകരിച്ചിട്ട് എത്ര കൊല്ലമായി എത്ര രാജ്യങ്ങളെ അത് പുൽകി ഇത്രയും കാലം കൊണ്ട് യു രാജ്യങ്ങൾ എത്ര മനസ്സിലായില്ല അതിന് വെളിയിലും രാജ്യങ്ങൾ ഇന്നുമുണ്ട് നമ്മുടെ ചരിത്രപഠനം എന്റെ ചരിത്ര പഠനത്തിന് വ്യത്യസ്തമാണോ യു എൻ അംഗീകരിക്കാത്ത രാജ്യങ്ങളുണ്ട് അംഗീകരിച്ച രാജ്യങ്ങൾ ഡബ്ല്യു പ്രവർത്തനങ്ങൾ കടന്നെത്തിയ രാജ്യങ്ങൾ ഡബ്ല്യു പഠനങ്ങൾ നടത്തിയ രാജ്യങ്ങൾ ലഭ്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചെടുത്ത നിഗമനങ്ങൾ അവയിൽ എത്ര ശതമാനം എക്സ്ട്രാറ്റഡ് സത്യങ്ങളുണ്ട് അറ്റിസ്ട്രിക്സിന്റെ ഒരു സങ്കേതമാണ് ഞാൻ ഈ പറഞ്ഞത് എൺപത് മുതൽ വരെ എഴുപത് മുതൽ എൺപത് വരെ അറുപത് മുതൽ എഴുപത് വരെയുള്ള ജനത്തിന്റെ വർധനവ് ഒരു ഗ്രാഫായി വരച്ചാൽ തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെയുള്ളത് അതിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പരാമീറ്റേഴ്സ് ഉപയോഗിച്ച് മഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് മഷേഴ്സ് ഓഫ് ആൻഡ് ഒക്കെ അനുസരിച്ച് കണ്ടെത്താം എന്തൊപ്പം പോവോ എന്തൊപ്പം പോവുമോ കൊടുവെന്ന് ഞാൻ ഏ മിനിമം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നോളജ് ഉണ്ടാവുന്നുണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളവനല്ല നിങ്ങളൊക്കെ ഒരുപാട് കൊല്ലം ഇതും വെച്ചോണ്ട് കാണാതെ പഠിച്ചവരാ ദൈവാധീനത്തിന് ഞാൻ പഠിച്ചിട്ടില്ല അവട്ട് എനിക്കതറിയാം നിങ്ങൾ പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തു അവിടെ നിങ്ങൾക്ക് അറിയില്ല എന്റെ പഠിത്തകാലത്ത് ഈ വിഷയമൊന്നുമില്ല ഈശ്വരാധീനം കൊണ്ട് കോടേതമ്പുരാൻ ഇതൊക്കെ ശാസ്ത്രമായി രംഗത്ത് വരുന്നതിന് മുമ്പ് പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങി അതുകൊണ്ട് ഒരുമാതിരി വെളിവ് തരയ്ക്കുണ്ട് നിങ്ങളൊക്കെ ഇത് കൂത്തിയിരുന്ന പരീക്ഷ എഴുതി കഴിഞ്ഞവരാണ് നിങ്ങളോട് ഈ വാക്കുകളൊക്കെ പറയുമ്പോ നിങ്ങളന്ന് ക്ലാസ്സിൽ കയറിയിട്ടില്ലായിരുന്നെന്നും അണ്ടി വത്താൻ നടക്കുകയായിരുന്നെന്നും തോന്നുന്ന നിമിഷങ്ങൾ ഏതായാലും ഇത് അപ്പോ അങ്ങനെ എടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കലായ നിഗമനങ്ങൾക്ക് കിട്ടിയ ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നിയമം അനുസരിച്ച് അതിന്റെ സങ്കല്പം ഡേറ്റലാണ് ഡാറ്റ ഒരുപാട് സങ്കല്പനങ്ങളാകിട്ടുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരിച്ച സങ്കല്പനങ്ങളെ ഏകത്ര ചേർത്ത് പലരെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ഡേറ്റ ഒന്നിച്ചൊരു സ്ഥലത്തിരുന്ന് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അധികാരനായ ഒരു എന്തിനാണ് ഈ ഡാറ്റ കളക്ട് ചെയ്തതെന്ന് അയാൾക്കാണറിയാം മനസ്സിലായില്ല ഡേറ്റ കളക്ട് ചെയ്യാൻ നിയോഗിച്ചിരിക്കുന്നവർ ഇതെന്തിനു കളക്ട് ചെയ്യുന്നു അറിയാത്തവരാണ് അഗ്രി കാരണം ലോകമെമ്പാടുന്ന അങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടിരുന്ന സാധനങ്ങൾ ഇന്ത്യയിലാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായും അത് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എത്തുമ്പോൾ അവനൊരു പേപ്പർ എടുത്തു വെച്ച് കണ്ണടച്ചെഴുതി കൊടുത്തതായിരിക്കും അവസാനത്തെ ദിവസമാ നിങ്ങളുടെ അധ്യാപകർ പേപ്പർ നോക്കി തീർക്കുന്നത് തന്തയ്ക്കും തള്ളയ്ക്കും ഭാഗ്യമുണ്ടെങ്കിൽ പിള്ളേർ ജയിക്കില്ലേ ഇതൊക്കെ അറിയുന്ന നിങ്ങൾ എന്നെ പരീക്ഷിക്കണം നിങ്ങൾക്ക് ഇതറിയുന്ന എനിക്കല്ല അറിയുന്നത് അഞ്ച് എട്ട് പ്രസവത്തിൽ നിന്ന് രണ്ടും മൂന്നും ഒക്കെ മരിച്ചിട്ടുണ്ടാവും ഇല്ല എന്ന് പറയുന്നില്ല ചരടം എല്ലാവരുടെ കാര്യത്തിലും പറഞ്ഞാൽ എവിടെ പ്രായമായവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏകില്ല പ്രസവിച്ച് എല്ലാം ജീവിച്ചിരുന്ന ഒരുപാട് സ്ഥലത്തുണ്ട് എന്തായാലും ഒരു കാര്യം അങ്ങയുടെ കണ്ണുകൾക്ക് പോലും കുട്ടിക്കാലത്ത് കാണാൻ പറ്റിയിട്ടുണ്ട് ഒരു മുപ്പത്തഞ്ചു വയസ്സുണ്ടാവില്ലേ നാപ്പതുണ്ട് എങ്കിൽ കാണും പെരുമ്പാവൂർ പ്രദേശങ്ങളിൽ അങ്ങയുടെ എട്ട് വയസ്സിൽ എല്ലാ വീട്ടിലും വൃദ്ധകളുടെയും വൃദ്ധന്മാരുടെയും എണ്ണവും ഇപ്പൊ അങ്ങയുടെ ചുറ്റുമുള്ള എല്ലാ ജാതിയിലും മതത്തിലുമായുള്ള വൃദ്ധന്മാരുടെ എണ്ണവും താരതമ്യത്തിന് അതീതമാവിധം കുറഞ്ഞിട്ടുണ്ട് ശരിയല്ല അത് പോരേ പഠനം സ്വന്തം കണ്ണിനെ വിശ്വസിച്ച പോലെ സ്വന്തം കണ്ണോണ്ടല്ലേ രണ്ടേ അത് അശാസ്ത്രീയവും അന്ധവിശ്വാസവും ഡബ്ല്യു എച്ച്ഒ പേപ്പറിലെഴുതിയത് ശാസ്ത്രവുമാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം നിങ്ങളുടെ ബുദ്ധിയൊക്കെ പാപ്പരത്തമല്ലേ നിങ്ങളൊക്കെ നാൽപ്പത് വയസ്സിനടുത്തുള്ള ചെറുപ്പക്കാരൊക്കെ വീട്ടിലോടുകൂടി നടക്കുമ്പോ അതിന്റെ സമീപത്തുള്ളവരെ നോക്കിയാൽ മതി അങ്ങ് ഒരു കുട്ടി ജനിച്ചു വീണാൽ ഇത്രയധികം രോഗങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തെളിവ് പെരുമ്പാവൂർ എന്ന് പറയുന്ന അങ്ങയുടെ ഒരു ഏരിയയിൽ കാണലോ അങ്ങയുടെ നാട് ശരിയാണ് ഒരു അൻപത് കിലോമീറ്റർ ചുറ്റളവ് ഒരു പ്രദേശം വേണ്ട പത്ത് കിലോമീറ്റർ ചുറ്റളവ് വരുന്ന എത്ര ആശാ കേന്ദ്രങ്ങളും ഒന്ന് കണ്ണൂടിച്ച ഇന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ട് അങ്ങയുടെ വീട്ടിലേക്ക് ഏതു വഴിയെ യാത്ര ചെയ്യുമ്പോഴും എത്ര ബോർഡ് കാണാം മന്ദബുദ്ധികളെ താമസിപ്പിക്കുന്നത് വൃദ്ധസ്ഥാനം അത് വാർദ്ധിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകട്ടെ ചോദ്യം അവിടെയല്ല ബുദ്ധിമാന്തിയുള്ള കുട്ടികളെ പരിചരിക്കുന്ന എത്ര സ്ഥാപനങ്ങൾ അങ്ങക്ക് ഈ അഭയത്തിൻ്റെ മുമ്പിൽ നിന്നിറങ്ങി അങ്ങയുടെ വീട് വരെ എത്തുന്നതിനിടയിൽ എത്ര ബോർഡ് കാണാം അതാണ് ഞാൻ ചോദിച്ചത് ചുരുങ്ങിയത് ശരിയല്ല എറണാകുളം എറണാകുളം ആലുവ പെരുമ്പാവൂർ ഈ റൂട്ടാണെങ്കിൽ എറണാകുളം അമ്പലമുകൾ ആ അവിടെയാണ് എണ്ണം കൂടും ഞാൻ ആറെണ്ണ അപ്ര കാരണം എന്താ വെച്ചാൽ കിഴക്കമ്പലത്തില്ല രണ്ടെണ്ണ അപ്പുറത്ത് ഇപ്പുറത്ത് മനസ്സിലായില്ലേ അപ്പുറം ഇപ്പുറേന്റെ എണ്ണമാണ് ഞാനത് എണ്ണീട്ടായി പറയുന്നു ഞാന് യാത്ര പോകുന്ന കൂട്ടത്തിൽ ഇതിന്റെ ഒരു ചെറിയ പണി ഞാൻ വെക്കാറുണ്ട് കാരണം നിങ്ങളൊക്കെയാണല്ലോ നേരെ കണ്ടത് അതുകൊണ്ട് തീരെ മോശമാകരുതല്ലോ അപ്പോ ആറെണ്ണമെങ്കിലും ആവുന്നു അഞ്ചു കൂട്ടിയാണ് ബുദ്ധിമാന്ധ്യത്തിന്റെ സ്പാസ്റ്റിക് ചിൽഡ്രൻ്റെ വേറെയുള്ളു സ്പാസം വന്ന് കയ്യും കാലുമൊക്കെ വലിഞ്ഞു മുറുകുന്ന കുട്ടികളുടേത് വേറെയുള്ളു അപസ്മാരമുള്ള കുട്ടികളുടേത് വേറെയുള്ളു വികലാംഗരായ കുട്ടികളുടെ വരെ ഉണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന കുട്ടികളും ആ അത് ആ സ്ഥാപനങ്ങൾ ഏത് ജനാവലിയെ പ്രതിനിധീകരിക്കുന്നു ഏത് പോപ്പുലേഷന്റെ പ്രാതിനിധ്യ സ്വഭാവമാണോ അത് കാണിക്കുന്നത് ആ ജനങ്ങളുടെ എണ്ണവും വീടിന്റെ എണ്ണവും കുട്ടികളുടെ എണ്ണവും ഇത് കഴിഞ്ഞിട്ടും ഇന്നും കുട്ടികളോട് സ്നേഹമുള്ളത് കൊണ്ട് അവിടെ വിട്ട് കുഞ്ഞ് പീഡിപ്പിക്കപ്പെടണ്ട എന്നോർത്ത് സ്വയം കുഞ്ഞിനെ നോക്കുന്ന വീടുകളുടെ എണ്ണവും ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുകയും ശാസ്ത്രത്തിന്റെ വികാസ ഇമാതിരി കുട്ടികളുടെ ജനനം കുറഞ്ഞിട്ടുണ്ടോ അഞ്ചെണ്ണത്തിൽ ഒരു ചെറിയേക്കാത്തവനോ ഒക്കെ ഒരു വീട്ടിലുണ്ടായാൽ ആ വീട്ടിൽ ആ വീടിനടുത്തുള്ള നൂറ് വീടുകളിൽ ഒരെണ്ണവും കാണുകയില്ല ഒരു പൊട്ടനെ ഒരു ഗ്രാമത്തിൽ ഒരെണ്ണമറ്റ കണ്ടേക്കാം ശരിയല്ല അവസ്മാരമുള്ള ഒരെണ്ണോല്ലോ ഉണ്ടായാൽ മണ്ണാന്റെ ഒരുമരുന്ന് കൊടുക്കുമ്പോഴേക്ക് മാറിപ്പോയേക്കാം മനസ്സിലായില്ല അതിന് പിന്നീട് ജനിതകത്തിൽ പ്രശ്നമൊന്നും വരാറില്ല അതുകൊണ്ട് അന്ന് അച്ഛൻ ഉണ്ടായിരുന്ന അപസ്മാരം അത് കുട്ടിക്കാലത്ത് ആ അച്ഛൻ കുട്ടിയായിരുന്ന കാലത്ത് മണ്ണാന്റെ ഒരമരുന്ന് കൊടുത്ത് മാറിയാൽ അവന് കുട്ടിയുണ്ടാവുമ്പോൾ അതൊന്നും കാണാറില്ല അതുകൊണ്ട് ഇത് പാരമ്പര്യമാണെന്ന് ആരും വിചാരിച്ചൂല്ല മനസ്സിലായില്ല ഇന്ന് ഈ രോഗത്തോടുകൂടി ഒരു താപരത്തിൽ തുടങ്ങി അനേകം ടാബ്ലറ്റുകൾ കഴിച്ച് വാർദ്ധക്യത്തിൽ എത്തുമ്പോഴേക്ക് ഒരുമാതിരി മെന്റലായി കഴിയുന്ന ഇവനും ഇവൻ്റെ കുട്ടിക്ക് അതിനേക്കാൾ ഇരട്ടിയും ഉണ്ടായി അത് ഒരുപാട് വൈകല്യങ്ങൾ ഉള്ളതാവുമ്പോൾ ഒരു രണ്ടു ലക്ഷം രൂപ വന്നാൽ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് രണ്ടു ലക്ഷം അവിടുന്ന് വാങ്ങിച്ച് ഗവൺമെന്റിന്റെ ഗ്രാന്റ് വേറെയും വാങ്ങിച്ച് സ്പോൺസേഴ്സിനെ വേറെ കണ്ടുപിടിച്ച് അവരുടെ പൈസയും കൂടെ ആക്കുമ്പോൾ രണ്ടു മന്ദബുദ്ധിയുണ്ടെങ്കിൽ ഒരു സ്വാമി കോടീശ്വരൻ ആകുന്ന പോലെ വളരുന്ന സ്ഥാപനങ്ങളും അതിനകത്തോടുന്ന വാഹനങ്ങളും അതിനകത്ത് വളരെ ആഡംബരത്തോടുകൂടി ജീവിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരും ശാസ്ത്രത്തിന്റെ സംഭാവനയായ ഈ വൈകല്യങ്ങളിൽ നിന്ന് മാത്രം വികസിച്ചവരാണ് കൊടുക്കുന്ന ശാസ്ത്ര സാങ്കേതിക അരുളപ്പാടുകൾക്ക് അവരുടെ നിലനിൽപ്പിനെ ചൊല്ലിയുള്ള അതിശോക്തികൾ ഉണ്ടാകുമെന്നുള്ളത് വിവരമുള്ളവരെ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും കുറച്ച് കടന്നു കയ്യായി പോയി പക്ഷെ നിങ്ങൾ ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റുവോ അവിടുന്ന് കണ്ടി വെച്ച ചോദിച്ചത് മഴ പെയ്യുവോ പെയ്യലോന്നറിയാൻ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകര് ഇവിടെയൊക്കെ വെള്ളം അളക്കാൻ ആളുകളെ വെച്ചിട്ടുണ്ട് തോട്ടിലെ ആറ്റിലെയൊക്കെ വെള്ളം താഴുന്നുണ്ടോ എന്നറിയാൻ വെള്ളം അളക്കാൻ ആളെ വെച്ചിട്ടുണ്ട് മന്തില് നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട് ഇവനത് വീട്ടിൽ നിന്ന് അളക്കുക മതി കണ്ടിട്ടില്ല നിങ്ങൾ പലർക്കും അനുവദി ആയിരിക്കും ചില അതുകൊണ്ട് ജനിതക വൈകല്യങ്ങളിലേക്ക് എത്ര എത്തുമെന്ന് ഇനിയും പഠനം വന്നിട്ടില്ല കോശാന്തര വ്യാപാരങ്ങൾക്ക് ഈ സ്വഭാവം എത്ര വരുമെന്ന് ഇനിയും പരീക്ഷണം ഒരു ബാഹ്യ ഒരു വർഗത്തിന്റെ ഘടനകളെ അവലംബിച്ച് മുഴുവൻ ജനങ്ങൾക്കുമായ ആരോഗ്യ രൂപപ്പെടുത്തുമ്പോൾ പ്രതിപ്രവർത്തന ശേഷിയുള്ള മാംസ്യങ്ങളെയും നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട് സി പ്രോട്ടീൻ പോലുള്ള അപ്പോൾ പ്രതിപ്രവർത്തന ശേഷിയുള്ളവയാണ് ആ മാംസ്യം എങ്ങനെ പ്രതിപ്രവർത്തിക്കും അവയാണോ ഈ കോശങ്ങളുടെ വർധനവിന് കാരണമായി തീരുക അവയാണോ വീർക്കാൻ കാരണമാവുക മരുന്ന് കേറ്റുമ്പോഴാലോചിക്കണം അവസ്ഥയിൽ വെച്ച് എന്തെന്ത് പരിണാമങ്ങൾക്ക് രക്തത്തെയും മജ്ജയെയും മാംസത്തെയും മേധത്തിനെയും ഒക്കെ വിധേയമാക്കുമെന്നും അതിൻ്റെ പാകവിഭാഗാദികൾ എവിടം വരെയൊക്കെ പോകുമെന്നും തിരിച്ചറിയേണ്ടതാണ് നിങ്ങളോളം വിദ്യാഭ്യാസം നിങ്ങളുടെ അച്ഛനമ്മമാർക്കുണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങളെക്കാൾ ആഹാരത്തിന്റെ ഈ പാകവിഭാഗാദികളെ കുറിച്ച് വിവരം ഉണ്ടായിരുന്നു കർക്കിടക മാസത്തിൽ കഴിക്കരുതെന്ന് ലാബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള അവര് വിളിച്ചു പറഞ്ഞു ചേമ്പ് പതിവായി കഴിക്കരുതെന്ന് വീട്ടിൽ വിലക്കേർപ്പെടുത്തിയത് ഡയബറ്റോളജിസ്റ്റ് പറഞ്ഞിട്ടല്ല ഉഴുന്ന് വിശേഷങ്ങളിൽ മാത്രമേ അരയ്ക്കാവൂ ഉഴുന്ന് നിത്യഭക്ഷണത്തിൽ പെടുത്തരുത് അത് പ്രത്യേകതരം മാംസ്യത്തെ ഉണ്ടാക്കും അത് ആമം ഭജിക്കാതാക്കും അത് മാരക രോഗങ്ങൾക്ക് വിധേയമാക്കുമെന്ന് അവർ കണ്ടെത്തിയത് ഇന്നും നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല നിങ്ങളുടെ ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയിട്ടില്ല ഇന്ന് നിങ്ങളുടെ വീടുകളിൽ ഡെയിലി ഡെലിയോ ദോഷമുണ്ട് ഉഴുന്നൻ്റെ വില എത്ര കൂടിയായിരുന്നു അതൊക്കെ കുളിപ്പിച്ച് വേവിച്ച് ശരീരം മുഴുവൻ അവിടെ ഇവിടെയൊക്കെ അച്ഛന്റെ പുറത്ത് ഇറ്റലി ഉണ്ടെന്ന് കണ്ട് പാട്ടിൽ കേട്ട പോലെ ഇറ്റലി ആയിട്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുമ്പോ അവൻ അച്ഛനെയും കൊണ്ട് ആശുപത്രി പോകുന്നിടത്ത് ഡോക്ടറോട് പറയാൻ മാത്രം ഇറ്റലി അവിടെ ഉണ്ട് ചിലത് അകത്തായിരിക്കും ഇറ്റലി ചിലത് പുറത്തായിരിക്കും ഇറ്റലി കണ്ടിച്ച് മാറ്റണം നിങ്ങൾ തമാശ വിഭാഗാദികൾ അതിനപ്പുറം അതിന്റെ ഘടനാത്മക ജനിതകങ്ങളെയും ക്രിയാത്മക ജനിതകങ്ങളെയും ഉളവാക്കുന്നു അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതായത് ഇതിനെയൊക്കെ പഠിക്കാതെ ഇതിനെയൊക്കെ ഉൾക്കൊള്ളാതെ ജനിതകപരമായി നടക്കുന്നതും സാധാരണ കോശങ്ങളിലേക്ക് പരിച്ഛിന്ന കോശദ്വയ ധാരകത്വം എഫ് സി ഡി സി അതിനൊടുവിൽ രൂപപ്പെടുത്തുന്നതുമായ ഒരു ഭാവ പരിണാമം തന്നെയാണ് ക്യാൻസർ എന്ന് വിളിക്കാവുന്നത് അർബുദം എന്ന് പറയാവോ അർബുദത്തിന്റെ അടിസ്ഥാനം ഒരു ജനിതക സ്വഭാവമാണ് സാധാരണ നിലയിൽ കോശങ്ങൾ പരിച്ഛിന്ന കോശദ്വയ താരകത്വത്തിനൊടുവിൽ മൃദമാവുകയാണ് ഇതുകൊണ്ടാണ് വൈദ്യശാസ്ത്രം ആയുദൈർഘ്യത്തെ നിശ്ചയിക്കുവാൻ പരിച്ഛിന്ന കോശദ്വയ താരകത്വത്തിന് കഴിയുന്നു എന്ന അവകാശപ്പെടണം ഒരാളിന്റെ ജീവിത ദൈർഘ്യം അയാളുടെ എഫ്സി ഡി സി തീരുമാനിച്ചിട്ടുണ്ട് അത് കൂട്ടിവെക്കാൻ പറ്റില്ല അതിലെ രസകരമായ വസ്തുതയുണ്ട് ചികിത്സയ്ക്ക് ഒരുങ്ങുമ്പോൾ വലിച്ചിട്ടാണ് ചെന്നതെങ്കിൽ വലിച്ചും കുടിച്ചിട്ടാണ് ചെന്നതെങ്കിൽ കുടിച്ചും നിന്റെ പാഴാക്കിയല്ലോ എന്ന് ബന്ധുക്കളെ കേക്ക രോഗിയെ വഴക്കു പറയുമ്പോൾ ബന്ധുക്കളെ തേറ്റുപിടിക്കുമ്പോൾ അത്രയൊന്നും കുഴപ്പമില്ലാത്തൊരു ചെറിയ പനിയോ തലവേദനയോ ആയി ചെന്ന് ചികിത്സിച്ച് അതിനൊടുവിൽ മൃത്യുവും കാത്ത് വെന്റിലേറ്ററിലൊക്കെ കിടക്കേണ്ടി വന്നാൽ കഴിയുമ്പോൾ അതീവ മനോഹരമായി പുഞ്ചിരിച്ചു കൊണ്ട് ആയുസ് തീർന്നില്ലേ എന്തു ചെയ്യും അതേ വൈദ്യശാസ്ത്രം പറയുമ്പോൾ മനസ്സിലായില്ല മനസിലായില്ല രണ്ടും ശാസ്ത്രം പോലെ കേൾക്കുന്ന നിങ്ങളുടെ നില ഏതു വേഷവും കെട്ടാൻ തയ്യാറാകുന്ന ചാതുര്യം ശരിയല്ല ഇത് ആ ശവം എടുത്തുകൊണ്ട് പോകുന്ന അടുത്തവനെയും കൊണ്ട് ചെല്ലുമ്പോ വീണ്ടും അവൻ കുടിച്ചിട്ടാണെങ്കിൽ വീണ്ടും ഇത് പറയുമ്പോ ഇതൊന്നും നില തീർന്നില്ല എന്ന് ചോദിക്കാൻ പോലും മാത്രവുമല്ല എഫ് സി ഡി സി ഫൈനസിറ്റി ആയുർദൈർഘ്യത്തെ നിശ്ചയിച്ചു കഴിഞ്ഞു എങ്കിൽ മൃത്യു വൈദ്യശാസ്ത്രത്തിന്റെ പഠനത്തിൽപ്പെട്ടതല്ല മൃത്യു വൈദ്യശാസ്ത്രത്തിന് അപ്പുറമാണ് മൃത്യുവ രോഗ മനസ്സിലായില്ല അതൊക്കെ വേറെ പഠനമാണ് ഞാൻ ഈ ആധുനിക വൈദ്യശാസ്ത്രമാണ് ഞാനിപ്പോ എടുത്തു പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രമാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഇന്നോളമുള്ള പഠന പ്രകാരം നിശ്ചയിക്കപ്പെട്ടതാണ് കോശാന്തരത്തിൽ വെച്ച് തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ് മരണം നിങ്ങളുടെ ഫർട്ടിലൈസേഷൻ കഴിഞ്ഞ് എട്ടാഴ്ചക്കുള്ളിൽ കോശവിഭജനത്തിൽ വെച്ച് തീരുമാനിക്കപ്പെട്ടതാണ് ഫൈനൈറ്റ് സെൽ ഡബിൾ കപ്പാസിറ്റി എന്നിട്ടും ലക്ഷങ്ങൾ കൊണ്ട് ചികിത്സിക്കുന്നുവെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഞാൻ നടത്തുന്ന ഒരു ആശുപത്രിയിൽ പത്തു കൊല്ലത്തെ പ്രവർത്തന എൻ്റെ കൺമുമ്പിൽ ആയിരം ക്യാൻസർ രോഗികളെ ചികിത്സിച്ചിട്ട് ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ പത്ത് ലക്ഷമോ രൂപ മുടക്കി കഴിഞ്ഞിട്ട് അതിലൊരാളെ പോലും രോഗത്തിൽ നിന്നും പൂർണ്ണമുക്തമായി ജീവിപ്പിക്കുവാൻ അതിൻ്റെ ഉത്കണ്ഠയിൽ നിന്ന് അവൻ ജീവിക്കുന്ന കുടുംബത്തെ രക്ഷിക്കുവാൻ അവൻ്റെ കുട്ടികളുടെ ഉറക്കത്തെ കെടുത്താതിരിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്രയും ചെലവ് വരുന്ന ഒന്ന് അവനോട് പറഞ്ഞ് ഒഴിവാക്കേണ്ടതാണ് മിതമായ ഭാഷ മിതമായ ഭാഷയിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കി ഒഴിവാക്കേണ്ടതാണ് എൻ്റെ പരിചയതാണ് ത്രയായം കേസുകൾ കണ്ടിട്ടുണ്ട് എന്റെ കൺമുമ്പിൽ ഈ പ്രക്രിയയൊക്കെ ചെയ്തിട്ടും ഇത് ഇത്ര കൊല്ലത്തേക്കുള്ളൂ ചെലവാക്കുന്ന കാശിനുള്ള മൂല്യൊന്നുമില്ല ഇത് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥത വിട്ടൊരു നിമിഷം അയാൾക്ക് നിങ്ങൾക്കും ഞാൻ പറയുന്നത് കൂടലാമെന്ന് തോന്നി ഞാൻ പറയുന്നത് മര്യാദയെല്ലാം തോന്നി ഏ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ അപ്പോൾ ഇതിലെ മെയിനായിട്ടുള്ള സാധനം രോഗിയുടെ സുഖല്ല ഇതിലെ മെയിനായിട്ടുള്ള സാധനം രോഗിയുടെ സുഖല്ലേ വേറെ എന്തോ ആണ് ആ എന്താണെന്ന് ഞാൻ പറയണോ അത് മനസ്സിലായി കഴിഞ്ഞില്ലേ അതെന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ ഇനി അതുകൂടെ ഞാൻ പറയണോ സാധാരണ നിലയിൽ പരിച്ഛിന്ന കോശദ്വയ ധാരകത്വത്തിനൊടുവിൽ എഫ് സി ഡി സിക്ക് ഒടുവിൽ കോശങ്ങൾ മൃതമാവുന്നു അതവിടെ എത്തിയ ഫൈനലിൽ എത്തിയാൽ ഫർട്ടിലൈസേഷൻ അവിടുന്ന് ഗ്രൂ ബ്രൂ സൻ ഇതാണ് സാധാരണ സംഭവിക്കുന്നത് അപക്ഷയം കഴിഞ്ഞ് മൃത്യു അതുകൊണ്ട് വാർദ്ധക്യത്തിലെത്തി കോശം മരിക്കുകയാണ് ഇത് ഇത് നിരന്തരമായി കോശ വാർദ്ധക്യത്തിലെത്തി കോശങ്ങൾ നശിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടത് ചെറുകുടലിലെ ഒരു കോശം അഞ്ചു ദിവസം കൊണ്ട് വൃദ്ധനായി മരിച്ചു കഴിഞ്ഞു അഞ്ചു ഇങ്ങനെ അനേക കോശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മരിക്കുന്നുണ്ട് ായിട്ടുള്ള മരണം എഫ്സി ഡി സി അനുസരിച്ച് കോശമൃത്യു വാർദ്ധക്യത്തിലെത്തിരുന്നു കഴിഞ്ഞ് അർബുദത്തിന് എന്നാൽ അർബുദ ഭാവാത്മകങ്ങളും സക്രിയങ്ങളുമായ കോശങ്ങൾ നേരത്തെ പറഞ്ഞ വാവാത്മകങ്ങളും സക്രിയങ്ങളുമായ കോശങ്ങൾ അർബുദ പരിണാമത്തിന് വഴി വെച്ച് വാർദ്ധക്യം നേരത്തെയാകുന്നു ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അറുപത് വയസ്സിൽ സംഭവിക്കേണ്ട കോശ പരിണാമം പന്ത്രണ്ട് വയസ്സിൽ സംഭവിച്ചാൽ പന്ത്രണ്ട് വയസ്സിലൊരു തന്നെ അർബുദം കാണും അതുകൊണ്ടാണ് കോശങ്ങൾക്ക് തമ്മിൽ ഭേദമില്ലാതിരിക്കുന്നത് അപ്പോൾ നേരത്തെ അവൻ വൃദ്ധനാകുന്നു പന്ത്രണ്ട് വയസ്സിൽ എൻ്റെ മകനെ വൃദ്ധനാക്കുകയും എന്നെ വൃദ്ധനാക്കാതിരിക്കുകയും ചെയ്യുന്ന എൻ്റെ മുപ്പത് വയസ്സിലുണ്ടായ മകൻ അവര് പന്ത്രണ്ട് വയസ്സ് എത്തുമ്പോൾ എനിക്ക് നാപ്പത്തിരണ്ട് വയസ്സാവുമ്പോൾ അവന്റെ കോശം പരീക്ഷിച്ചാൽ അതിൽ വാർദ്ധക്യം കടന്നു കൂടിയ സെനസൻസിന് അർബുദം രൂപപ്പെട്ട പരിണാമത്തിലേക്ക് കോശ സ്വഭാവത്തെ നയിച്ച ഗതീയതകൾ ഞാൻ നാൽപ്പത്തിരണ്ട് സംവത്സരങ്ങൾ കൊണ്ട് നേടിയതിനേക്കാൾ സങ്കല്പനങ്ങളിൽ നേടി നേരത്ത വന്നുപോയ വാർദ്ധക്യമായിരിക്കുമോ നാൽപ്പത് വയസ്സിൽ നിൽക്കുന്ന ഞാൻ എൻ്റെ മകന് അവന്റെ ശൈശവം അനുവദിച്ചു കൊടുക്കാതെ എന്റെ നാൽപ്പത് വയസ്സിന്റെ പരിചയവും ബുദ്ധിയും അവനിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഞാൻ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ അവന് ചെയ്യാൻ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടോ എന്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ അനുഭവിച്ച കാര്യങ്ങൾ നേരത്തെ അവൻ അനുഭവിച്ച് കാണിക്കാൻ അവൻ കുട്ടിയാണെന്നത് മറന്ന് അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയും ഞാനത് ചെയ്യാതിരിക്കുകയും അവനെ കൊണ്ട് ജയിപ്പിക്കുകയും ചെയ്ത് അവന്റെ വാർദ്ധക്യത്തെ നേരത്തെ ആക്കിയിട്ടുണ്ടോ വ്യക്തിയും സമാജവും പഠിപ്പുള്ളവരും ഈ ചോദ്യം അന്വേഷിക്കേണ്ട സമയം കഴിഞ്ഞു ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നാണ് എനിക്ക് തോന്നുന്ന അയ്യരുടെ കൊച്ചുമോന് അഞ്ചര വയസ്സാകുമ്പോൾ അയ്യരുടെ അഞ്ചു വയസ്സ് പ്രകൃതിയെ നോക്കി അനുഭവിക്കുവാൻ പറ്റുന്ന ആ നിഷ്കളങ്കത അയ്യർ ഇഷ്ടപ്പെടാതെ എഴുപത് വയസ്സ് കടന്നു നിൽക്കുന്ന അയ്യർ നമ്മൾ അതിന്റെ വക്വതയും അതിയും അനുഭവങ്ങളും അതിനനുസരിച്ച് സമാജത്തിലെ വ്യക്തികളോടുള്ള ഇടപാടുകളും അതനുസരിച്ചുള്ള കാര്യഗ്രഹണ അതനുസരിച്ച് അയ്യർ എഴുപത് സംവത്സരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതിനെ കാട് കൂടുതൽ ധനമവൻ അഞ്ചര വയസ്സുകൊണ്ട് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹവും രൂപാന്തരപ്പെടുത്തുമ്പോൾ എന്തിനെ പോലെ അലഞ്ഞ് എഴുപത് വയസ്സുവരെ ഈ കോശവും തള്ളി നീങ്ങണം അഞ്ചു വയസ്സുകൊണ്ട് വാർദ്ധക്യമെത്തി തീർന്നുപോയാൽ എന്ത് മനസ്സിലായില്ല മനസ്സിലായില്ല എല്ലാം ഘടകമല്ലേ ത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതിൽ ഏതാണ് ഘടകമല്ലാത്തത് മോനെ മുപ്പത് വയസ്സായപ്പോഴേക്ക് അച്ഛൻ അഞ്ഞൂറ് രൂപ ശമ്പളം വാങ്ങിച്ചു വേണ്ട കിടക്കുന്ന ഒന്നര ലക്ഷം രൂപ ശമ്പളം അച്ഛൻ ഇത്രയും കാലം സമ്പാദിച്ച് കൊണ്ട ചൂട് നാളെ രാവിലെ അവൻ നിസംഗനായി ലോകവും വിട്ട് പറന്നു പോയെങ്കിൽ നിങ്ങൾ അർഹിക്കുന്നതല്ലേ അത് ഞാൻ വളരെ ക്ലിയറായിട്ട് അവർ ഭാവാത്മക കോശങ്ങളുടെയും ഭാവാത്മക മനസ്സിൻ്റെയും നിലയിൽ അവൻ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞില്ലേ ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നു അല്ലേ ഇപ്പോഴും മനസ്സിലായില്ല നിങ്ങൾക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ നിങ്ങളുടെ ശമ്പളം അഞ്ഞൂറ് രൂപ കിട്ടുമെന്നതിലേക്കാണ് നിങ്ങൾ വളർന്നതെങ്കിൽ അത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അതിനേക്കാൾ കൂടി ഒരു വലിയ തുക നിങ്ങളുടെ വാർദ്ധക്യത്തിൽ എത്തുമ്പോഴേക്ക് സമ്പാദിക്കാവുന്നത് സമ്പാദിച്ച് വീടും വെച്ച് വിവാഹം കഴിഞ്ഞവൻ അനുഭവിക്കുന്നതിനേക്കാൾ വിവാഹ അനുഭവങ്ങളും കഴിഞ്ഞു മനസ്സിലായില്ല പന്ത്രണ്ട് വയസ്സായപ്പോഴേക്ക് പത്ത് അനുഭവം കഴിഞ്ഞുവെങ്കിൽ നിനക്ക് പറഞ്ഞ പോലെ പിന്നെ എന്തിനവൻ ജീവിക്കണം ഏത് പ്രതീക്ഷയ്ക്ക് ഏത് ഭാവാത്മകതയ്ക്ക് ഏത് സങ്കല്പത്തിന് ഏത് സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് അവന്റെ ആയുസ് നിങ്ങൾ തീരുമാനിച്ച മാതൃകകളുടെ ആയുധ ദൈർഘ്യം വെച്ചോ നിങ്ങളുടെ ശാസ്ത്രവും മനുഷ്യായുസത്തിന്റെ ദൈർഘ്യം മുൻകൂട്ടി നിശ്ചയിച്ച് അവിടെ വരെ നീ ജീവിച്ചിരിക്കണമെന്ന് നിർബന്ധം പിടിച്ചാൽ അവൻ ജീവിക്കുവോ പിള്ളേരെ ഉടക്കുമ്പോൾ മര്യാദയ്ക്ക് വളർത്തണം അവരെ കണ്ടുമരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വായിക്കരിയിടാൻ അവർ വേണമെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങളുടെ നിശബ്ദതയ്ക്ക് കനം കൂടുന്നു ലോകത്തിൽ ആരെങ്കിലും കൺട്രോൾ ചെയ്താണ് നല്ലവരായതെന്ന് ഒരിക്കലും വിശ്വസിക്കാത്ത ഒരാളാണ് വെച്ച ഒരു ബലൂണിന് മുകളിൽ ഏതൊരു ഭാരം വെച്ചാലും അത് പൊട്ടുകയുള്ളൂ വീർക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി വിധാനം അത് വീർക്കാതിരിക്കണമെങ്കിൽ അറിവുണ്ടാകണം അറിവ് അംഗീകരിക്കാതെയും ആഗ്രഹിക്കാതെയും ഇരിക്കുന്ന ഒരു മനുഷ്യനും ലോകത്തുണ്ടാവില്ല അതിന് തന്തയ്ക്കും തള്ളയ്ക്കും വിവരമുണ്ടാകണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വിവരമുള്ള ദന്ത വിവരം ആഗ്രഹിക്കുന്നവനോട് മകനോട് പറഞ്ഞാൽ കേൾക്കും വിവരമില്ലാത്ത തന്ത കാണിച്ചു കൂട്ടുന്നതെല്ലാം കണ്ടു വളരുന്ന ഒരു കുട്ടിയെ ജീവിതം കളഞ്ഞു തന്ത് എന്ന് ഉപദേശിക്കാൻ ചെന്നാൽ പറ്റു ചിലപ്പോ പറയും അങ്ങനെയൊക്കെ ഞാനതിനുത്തരം പറയട്ടെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടും ഇപ്പോഴത്തെ കുട്ടികളെ എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്നല്ല ഞങ്ങൾ കൺട്രോൾ ഇല്ലാത്തവർ എങ്ങനെ കണ്ട്രോൾ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം ഉത്തമമായി സത്യമൊന്നുമുള്ളത് പ്രിയമാണ് സത്യത്തിന്റെ ഒപ്പം അപ്രിയം ചേർക്കണ്ട ഞങ്ങൾക്ക് സത്യം പ്രിയമല്ല അസത്യം പ്രിയമാണ് എന്ന് പറഞ്ഞാൽ ഒന്നില്ല ലോകത്തിൽ സത്യമൊന്നേ ഉള്ളൂ അത് പ്രിയം തന്നെയാണ് ആ അതുകൊണ്ടത് സത്യം പ്രിയമല്ല ഞങ്ങൾക്ക് കാരണം ഞങ്ങൾക്ക് എപ്പോഴും അസത്യം പ്രിയമാണ് സത്യം അപ്രിയമാണ് അങ്ങനെ പറഞ്ഞോ അത് മാറ്റി പറയണ്ട എസ് ടി ഡി സിയിൽ അവന്റെ ആയുധം അത്രയേ ഉള്ളൂ അതിന്റെ കാരണം അവിടം വരെ അത് കൊണ്ടുവച്ചത് ആധുനിക വൈദ്യശാസ്ത്ര പ്രകാരം വരെ കൊണ്ടുവച്ചത് അവൻ പോകാൻ പോകുന്ന ജനിതക വൈകല്യങ്ങളതാണ് അതുകൊണ്ട് അവൻ മൊബൈൽ ഫോണായി കയറി പിടിക്കുന്നത് അതുകൊണ്ട് വേഗം തീർന്നിട്ട് പോണം അതിനാണ് ഗർഭാധാനും പുംസവനും മര്യാദയൊക്കെ വേണം മനസ്സിലായില്ല അവിടെ പൊരുത്തക്കേട് അവിടെ ഇവിടെയാ മനസിലായില്ല ഏ തന്ത്മ കണ്ടപ്പോ രണ്ടര വയസ്സുള്ള കുഞ്ഞ് സമ്പാദിക്കുന്നത് കണ്ടെച്ചാണ് കുട്ടിയെനിക്കാൻ പോകുന്നത് ആ പ്രായം വഴി അവൻ ചത്താലും വേണ്ട കാശും കൊണ്ടുവന്നാ മതി ഒന്ന് ചെത്തി നടക്ക സീരിയല് കണ്ടപ്പോ ഭർത്താവിനെ വഞ്ചിക്കാത്ത സ്ത്രീയും ഭാര്യയെ വഞ്ചിക്കാത്ത പുരുഷനും ഇരുന്ന് സീരിയല് കാണുന്നു രണ്ടുപേരും കൂടെ രണ്ടുപേർക്കും ഇഷ്ടം വഞ്ചിച്ചതാണ് അല്ലെങ്കിൽ ഹോബിയും പച്ച മലയാളത്തിലാണ് പറയുന്നത് കാരണം അതിനകത്ത് കുളിക്കാൻ ഭർത്താവ് കയറിയിട്ടേ ഉള്ളൂ ആ നേരം കൊണ്ട് അപ്പുറത്തേക്ക് ഭാര്യ ഓടിപ്പോയി വിറക് കയറുന്നവനുമായിട്ട് പ്രേമമായിട്ട് വന്നത് ഇതാ സീരിയലിലെ കഥ മനസ്സിലായില്ല ഇതാ ഭാര്യയും ഭർത്താവും കൂടി കണ്ടോണ്ടിരിക്കുന്നത് രണ്ടുപേരും ഇതുവരെ വഞ്ചിച്ചിട്ടില്ല പക്ഷെ രണ്ടുപേർക്കും ഈ ജീവിത എത്താം ഭാവാത്മക പ്രകൃതത്തിൽ ഇങ്ങനെയാ ജീവിക്കേണ്ട രണ്ടുപേർക്കും ഒന്നിച്ച് അഭിപ്രായമുണ്ട് ആ അഭിപ്രായം കൊണ്ട് ഒന്ന് കണ്ണിറുക്കി നോക്കി ഭാര്യ എങ്ങനെയുണ്ട് കഥ അത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടായ കൊച്ച കൊച്ചിങ്ങനെ പോകാൻ പറ്റുള്ളൂ മനസ്സിലായില്ല കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാനാണല്ലോ ഈ കുഞ്ഞുണ്ടായത് അതിൽ കാര്യം കൈകൊണ്ടിരിക്കണ്ട അത് നിങ്ങളുടെ ജനിതക കോശത്തിലുണ്ട് അതുകൊണ്ട് ആ കുഞ്ഞങ്ങനെ പോയേ പറ്റൂ കടന്ന കയ്യാണല്ലേ അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് എനിക്ക് ആലോചിക്കേണ്ട കാര്യല്ലേ കാരണം വെച്ചാൽ